തങ്ങൾക്കൊരു ദൃഷ്ടാന്തം വന്നാൽ തീർച്ചയായും അതിൽ വിശ്വസിക്കുമെന്ന് അവർ അള്ളാഹുസുബഹാനഹു വയാലായുടെ നാമത്തിൽ ശക്തമായി സത്യം ചെയ്തു നീ പറയുക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുസുബഹാനഹു വയല വിങ്കൽ മാത്രമാണ് അത് വന്നാലും അവർ വിശ്വസിക്കില്ലെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം